भूष शरीर महान हो की श्री शोभित पीरी होते हैं महान जो दिखनी है श्रीमान होते हैं സംതം വ്യാഖ്യാ പഞ്ചസ്വധ്യകരണു अधिविद्यं अधि अधि अधि अध्यात्मं अतिर्लोकमतिज्योतिषम अतिव्रज अध्यामसंहिताचक्षतेलोकम अध, पृथिवी पूर्व दौरुतरूप അനന്തരം അധ്യയലക്ഷണവിധാന പൂർവൃത്ത യോ അത്യർത്തം ഗ്രന്ഥഭാവിത ശക്ഹസ അധ്യയനവും അർത്ഥജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം പറയണം അധ്യയനത്തിൽ എങ്ങനെയാണ് അത്യർത്ഥം ഗ്രന്ഥഭാവിതാ ബുദ്ധി നമ്മുടെ മനസ്സിൽ ഗ്രന്ഥമാണ് അധ്യയനം ഒരു ചൊല്ലിക്കൊടുക്കുന്നു ശിഷ്യനേറ്റ് ചൊല്ലുന്നു പ്രധാനമായും ശിശു ശ്രമിക്കുന്നത് ഗുരു ചൊല്ലിക്കൊടുക്കുന്നതിന് സ്വന്തം നാക്കല് ഉറപ്പിക്കാനാണ് വീണ്ച്ചൊല്ലാൻ മനസ് ഗ്രന്ഥത്തിലാണ് അക്ഷരങ്ങളിലാണ് വരികളിലാണ് ഗ്രന്ഥഭാവിതമായി ബോധിന്ന് മനസ്സ്രന്ഥ സംസ്കാരത്തോടു കൂടിയായി മനസ്സിൽ വരികളെ ഉള്ളു ഥാനന്തരം തൊട്ടുമുമ്പിൽ വർണ്ണം സ്വരം എന്നിങ്ങനെ പറഞ്ഞു ശിക്ഷ അതിനെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം അധ്യയന ലക്ഷണവിധാനിച്ച് പൂർവർത്താണെന്ന് പറഞ്ഞത് കേവലം വർണ്ണമെന്താണ് സ്വരം എന്താണ് ഇങ്ങനെ പറഞ്ഞതേയുള്ളൂ അവിടെ ഏതോ അത്യർത്ഥം ഗ്രന്ഥഭാവിതാവും അവിടെ കേവലം ശബ്ദത്തെ പരിചയപ്പെടുത്തിയതാണ് ശിഷ്യന് മനസ്സിലാ ശബ്ദം മാത്രമേ ഉള്ളൂ സഖ്യതെ സഹസ അർത്ഥജ്ഞാന വിഷയം അവതാര ഇവിടെ നിന്ന് അർത്ഥത്തെ ഗ്രഹിക്കുക മനസ്സ് ശബ്ദത്തിൽ നിന്നർത്ഥത്തിലേക്ക് പോകണം സഹനഗതിയിൽ ശ്രമണത്തിലും ശബ്ദജ്ഞാനമേ ഉണ്ടാകാറുള്ളൂ അർത്ഥജ്ഞാനം ഉണ്ടാകാറില്ല പെട്ടെന്നങ്ങനെ മനസ്സ് ശബ്ദത്തുവിട്ട അർത്ഥത്തിലേക്ക് പോകത്തില്ല സംഹിതായ ഉപനിഷം സംഹിതാ വിഷയം ദർശനം ഇത്തിയത് ഗ്രന്ഥസന്നിധി വ്യഖ്യാസ്യം അതുകൊണ്ട് അർത്ഥത്തെ കൂടെ വ്യാഖ്യാനത്തിലൂടെ വ്യക്തമാകുന്നു സംഹിതായ ഉപനിഷം സംഹിതയുടെ സംഹിതയുടെ ദർശനം ഉപാസന സംഹിത എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ഉപാസന എന്താണ് അത് ആ ശബ്ദത്തിലൂടെ തന്നെ വ്യക്തമാക്കുന്നു ഒന്ന് ശബ്ദം മറ്റൊന്നർത്ഥം ശബ്ദ ഉപാസനയുണ്ട് അർത്ഥോപാസന ഓം എന്ന് പറയുന്ന ശബ്ദം ശബ്ദത്തെ തന്നെ സ്മരിക്കുക ശബ്ദത്തിന്റെ ഭാവന തന്നെ നിലവില് ശബ്ദ ഉപാസന വേദത്തിൽ അങ്ങനെ പലയിടത്തും ശബ്ദ ഉപാസനയുണ്ട് ആ ശബ്ദത്തെ തന്നെ ആവർത്തിക്കുക സാധാരണ അർത്ഥമറിയാതെ മന്ത്രം ചെല്ലുന്നു പറയുന്നത് പോലെ ഓം എന്താണ് അതിന്റെ അർത്ഥം അതിന് ചിന്തിക്കുക അകാരം ഉകാരം അകാരം എന്നിങ്ങനെ അർത്ഥചിന്തന ചെയ്യുക ഓരോന്നിൻ്റെ അർത്ഥം അതിനെ പലതരത്തിൽ ജാഗ്രസ്വത്തിന് സൃഷ്ടിയൊന്നും ഏതെങ്കിലും അർത്ഥത്തിലൂടെ അതിനെ ധ്യാനിക്കുക ഇവിടെ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു അതിശബ്ദം പറഞ്ഞു വർണ്ണം സ്വരം ഇങ്ങനെ പറഞ്ഞു ശിക്ഷം വർണം സ്വരം എന്നെല്ലാം പറഞ്ഞാൽ എന്താ അതുകൊണ്ട് പ്രയോജനം ഇവിടെ എന്ന് നമ്മൾ ചിന്തിക്കും ഉപാസന എന്ന് പറയുമ്പോൾ നമുക്ക് ധ്യാനിക്കാൻ എന്തെങ്കിലും വേണം ഇവിടെ വർണ്ണം സ്വരം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദമല്ലാതെ അതിൽ നമുക്ക് പ്രത്യേകിച്ച് അർത്ഥബോധം ഉണ്ടായില്ല അതും ഉപാസനയാണ് ഇവിടെ ശബ്ദത്തെ ധരിക്കുക വൈദിക മന്ത്രങ്ങളെ ധരിക്കുക ഇനി അതിലൊരു ദർശനമുണ്ട് ഉപാസിക്കാൻ അർത്ഥബോധത്തോടു കൂടി ഉപാസനയുണ്ട് അതാണ് അടുത്ത് പറയുന്നത് അത് ആ ശബ്ദത്തെ പിന്തുടർന്നും അർത്ഥത്തെ ധ്യാനിക്കുക അതാണ് വൈദിക ഉപാസനയുടെ പ്രത്യേകത വിഷ്ണുവിനെ ധ്യാനിക്കുന്നു വിഷ്ണുവിനെ ധ്യാനിക്കുന്നതിന് പ്രത്യേക ശബ്ദം വേണമെന്നൊന്നുമില്ല സംസ്കൃതമറിയാത്തവർക്കും ധ്യാനിക്കാം മലയാളത്തിലും ധ്യാനിക്കാം തമിഴിലും ധ്യാനിക്കാം അവിടെ ഭാഷയ്ക്ക് പ്രാധാന്യം പക്ഷെ വൈദിക ഉപാസിനെ സംബന്ധിച്ച അവിടെ അർത്ഥബോധ ശബ്ദത്തിലൂടെ തന്നെ വരണം അതാണ് മുഖ്യമായ വ്യത്യാസം വേദം അധ്യയനം ചെയ്തവനെ വൈദികമായ ഉപാസന സാധ്യമാകും അത് ശബ്ദ ഉപാസന ആയാലും ശരി അർത്ഥഭാവനയായാലും അതുകൊണ്ട് ഇവിടെ പറയുന്നു ഗ്രന്ഥസന്നിഗ്ഠാമയുള്ള ആ ഗ്രന്ഥത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ഗ്രന്ഥം എന്ന് വെച്ചാൽ ശബ്ദമൊന്നാണ് ശബ്ദരാശ അതിനെ ആശ്രയിച്ചുകൊണ്ട് തന്നെ അർത്ഥഗ്രന്ഥന ചെയ്തു അപ്പൊ അർത്ഥമെന്ന് പറയുമ്പോൾ സാധാരണ വരുന്ന ശബ്ദാർത്ഥങ്ങളൊന്നുമല്ല ഇവിടെ ശബ്ദത്തിലൂടെ ഒരു പ്രത്യേക ഭാവന അത് പറയുകയാണ് ശബ്ദത്തിനൊന്നും ലൗകികമായ അർത്ഥങ്ങളല്ല അർത്ഥവും വൈദികമാണ് ആ അർത്ഥഭാവന അതിനാണ് ഇവിടെ ഉപാസനായിട്ട് ഇവിടെ നിർദ്ദേശിക്കുന്നത് അത് ഈ ശബ്ദത്തിലൂടെ തന്നെ അതെങ്ങനെയാണെന്നും അടുത്ത് പറയുന്നു പഞ്ചസ്വധികരണേഷു പഞ്ചാധികരണങ്ങളിൽ പഞ്ചാശ്രഷയേഷ പഞ്ചജ്ഞാനവിഷയങ്ങളിൽ താനിത്താനീദ്യതൊക്കെയാണ് പറയുന്നു അധിലോകം ലോകേഷു അധി യർശനം തത് അധിലോകം ോകത്ത് അധികരിച്ചുള്ളത് ലോകത്തെ ഗ്രഹിച്ചുകൊണ്ടുള്ള ലോകങ്ങളെ ധ്യാനിക്കുന്നു അതാണ് അധിലോകം അതാണ് ലോകേഷു അധിപ്യ ദർശനം അതിനെ അധികരിച്ച് അധികരിച്ച് അതിനെ ം തഥാ അധിലോകം തഥാ അതിജ്യോതിഷം അതിവിദ്യം അതിപ്രജം അധ്യാത്മം അതാണ് ഇവിടെ പറഞ്ഞത് ശബ്ദം കൊണ്ട് ഞാൻ ഓരോന്നിനെയും വിശദീകരിക്കുന്നു താത പഞ്ചമിഷയ ഉപനിഷത്തോ ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള ഉപാസനകൾ ലോകാദിമഹാവസ്തുഷേത്വിലോകം ലോകത്തെയോടെ ലോകമെന്ന് പറയുന്ന മഹാവസ്തു വിഷയമാക്കുന്നു സംഹിതാ വിഷയത്വസംഹിത വിഷയമാക്കുന്നു അതുകൊണ്ട് അതിനെപ്പറയുന്ന എന്താണ് മഹാസംഹിത മഹത്യച്ഛത്വ സംഹിത മഹാസംഹിത ഇത്യാദച്ഛത കഥയന്തി വേദവിധ സംഹിത എന്താണെന്ന് മനസ്സിലാക്കുക അതിനെ ലോകവുമായി ബന്ധപ്പെടുത്തി ആ ഒരു പാസൽ അധത്താസാം യഥൗപന്യസ്ഥാനം അധിലോകം ദർശനം വെച്ചത് വൈദികമായ എല്ലാ കാര്യങ്ങളും അലൗകികമാണ് ലോകസാധാരണമായ കാര്യങ്ങളുണ്ട് വേദത്തിൽ പറയുന്ന സ്വർഗം അധിഷ്ഠം സംസ്കാരം ഇതൊന്നും ലോകസാധാരണമായ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് വേദത്തിൽ പറയുന്ന ഉപാസനകൾക്കും അങ്ങനെ ഒരു പ്രത്യേകത അത് ലോകസാധാരണം അല്ല എന്നുവെച്ചാൽ അത് അപൂർവമാണെന്ന് നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ് നമുക്ക് കൃത്രിമായി തോന്നുന്ന കാര്യങ്ങളാണ് നമുക്ക് പരിചയമുള്ള ലൗകികമാണ് അത് സ്വാഭാവികമാണ് അത് നമുക്ക് കൃത്രിമത്വം അനുഭവപ്പെടത്തില്ല നമ്മൾ ചിര പരിചയം വന്ന കാര്യങ്ങളാണ് വൈദികം അങ്ങനെയല്ല നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ് ആ ശബ്ദം നോക്ക് പരിചയമില്ല പറയുന്ന അർത്ഥം പരിചയമില്ല പക്ഷെ എന്നാലും അത് അനുഷ്ഠയമാണ് വൈദികൻ അതിന് മഹാസംഹിത ഇത്യാജക്ഷത കഥയന്തി വേദവിധ അതുകൊണ്ട് പറഞ്ഞു വേദവിധ ഇത് വേദവിത്തുക്കൾക്ക് വേണ്ടിയാണ് വൈദികന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് വൈദിക സംസ്കാരമില്ലാത്തവർക്ക് ഇതെന്താണ് ഇത് ഗ്രഹിക്കാൻ തന്നെ പ്രയാസം ഉപാസന അസാധ്യമായി വരും അതുകൊണ്ട് പ്രത്യേകം പറയുന്നു വേദവിധ വേദത്തെ അറിയുന്നവർക്ക് വേണ്ടിയിട്ടാണ് വേദവിത്തുക്കൾക്ക് ഇത് മനസ്സിലാവും വേദവുമായി ബന്ധമില്ലാത്തവർക്ക് എന്തായി പറയുന്നു ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നു ഇതുകൊണ്ട് എന്താ ലാഭം ഇങ്ങനെയെല്ലാം ചിന്തിച്ചാൽ ഒരു പിടിയും കിട്ടത്തില്ല യഥാപന്യസ്ഥാനം അധിലോകം ദർശനം ഉച്ചതേ ആ അധിലോകം ദർശനം അധിലോകോപാസന ദർശനം അതിനെക്കുറിച്ച് പറയുന്നു അധ എന്നടത്ത് പറഞ്ഞു അധിലോകം അധശ്ദർവത്ര ക്രമവിപക്ഷാർത്ഥം ഇവിടെ ക്രമത്തിലാണ് ഓരോന്നിനെയും പറയുന്നത് കാരണം ക്രമം എന്ന് പറയുന്നത് അധിലോകം അധിജ്യോതിഷം അടുത്ത് പറയുന്നു ഇങ്ങനെ ആ ക്രമത്തെ പറയുന്നു എന്താണോ ഉപാസന പൃഥിവിത്തരൂപം ആകാശ സന്ധി പൃഥിപൂർവരൂപം പൂർവർണ്ണോ പൂർവരൂപം സംഹിതയെ കുറിച്ചാണ് പറയുന്നത് സംഹിത എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞുള്ള ഗ്രന്ഥത്തെ ആശ്രയിച്ചവിടെ ശബ്ദത്തെ ആശ്രയിച്ചുള്ള പാസു ഏതാണ് അശ്ദം ഈ വേദമന്ത്രങ്ങൾ തന്നെ ശബ്ദം ഈ ശബ്ദങ്ങൾക്ക് ഒരു പരസ്പര ബന്ധം ഒരു ചേർച്ചയുണ്ട് ഒന്നൊന്നിനോട് ചേർന്നിരിക്കുന്നു അതിനു സംഹിത എന്ന് പറയുന്നു ഇത്തിയധിലോകം എന്ന് പറയുന്നു അവിടെ ഇത്തി അധിലോകം രണ്ടും ചേർന്നിരിക്കുന്നു ഉദാഹരണമായിട്ട് പറയുകയാണ് ശബ്ദം എങ്ങനെയാണോ ചേർന്നിരിക്കുന്നത് അതുപോലെ ഒരു ചേർച്ച ഈ ലോകത്തിലുമുണ്ട് അതുകൊണ്ട് പറയുന്നത് പൃഥി പൂർവ്വരൂപം ഉദാഹരണം പറഞ്ഞി അധിലോകം ഈ തില ഈ ഇതാണ് പൂർവ്വരൂപം പൂർവവർണഹപൂർവ്വരൂപം സംഹിതായ പൂർവേ പറഞ്ഞി കർത്തവ്യം ഈ ശബ്ദങ്ങളുടെ ഈ ചേർച്ചയിൽ ഈ ലോകങ്ങളുടെ ചേർച്ചയുണ്ട് എന്ന് ധ്യാനിക്കണമെന്നാണ് അതങ്ങനെ സംഭവിക്കും ഇതി കേവല ശബ്ദമല്ലേ അതിന് പൃഥ്വി ദൃഷ്ടി കർത്തവ്യ അതാണ് പൃഥിവി തത്വം ോകത്തിൽ മുഖ്യമായിരിക്കുന്ന പൃഥിവി അത് തന്നെയാണ് ഈ ശബ്ദത്തിൽ ഭാവന ചെയ്യേണ്ടത് ഇക്കാരം ഇത് പൃഥിവി ആണ് തഥാ ദൗരുത്തരൂപം അതിന് ഉത്തരമായി വന്നിരിക്കുന്നത് ആ ഉദാഹരണമായിട്ട് പറയുന്നതാണ് ദ്യോഹു ദ്ലോകമാണത് ആകാശോ അന്തരീക്ഷ ലോക അതങ്ങനെ ഈ കാലം പ്രതിഭയും അകാലം അന്തരീക്ഷമാകുന്നത് എന്നിട്ടെന്താ ം പൃഥിും അകം അന്തരീക്ഷവും തന്നെ ദിലോകവും തന്നെ പറയുന്നു പിന്നെന്താണോ ദൃഷ്ടി കർത്തവ്യ അങ്ങനെയൊരു ഭാവന അങ്ങനെയൊരു ഭാവന മനസ്സിൽ അങ്ങനെ ഒരു സങ്കല്പം അതാണ് ഉപാസന എന്ന് പറയുന്നത് ആ സങ്കല് സങ്കല്പം മനസ്സിൽ വരിക അതാണ് അതായിട്ടങ്ങനെ ധ്യാനിക്കാൻ പറയുന്നത് അല്ലെങ്കിൽ ഇത് മറ്റെന്തെങ്കിലും ഒരു സയൻസിനെ കുറിച്ച് പറയുക കേവലം ഉപാസന ഭാവനയെ കുറിച്ച് പറയുക ഭാവനയ്ക്ക് വേണ്ടി പറയും അപ്പോ ഇതി അധി ആകാശം അന്തരീക്ഷ ലോക സന്ധി ഇത്യധി അവിടെ സന്ധി വന്ന് കൂടിച്ചേർന്നു അതാണ് മധ്യം ആകാശ സന്ധി ആകാശം അന്തരീക്ഷ ലോകം ദേഹോ ഉത്തരരൂപം ദ്വിലോകമാണ് ഉത്തരരൂപമായിരുന്നു അടുത്തു വരുന്നത് ആകാശം അന്തരീക്ഷ ലോക സന്ധി മധ്യം അതാണ് സന്ധി പൃഥിവി ദ്ലോകം ഇതിന് രണ്ടിനും മധ്യത്തായി വരുന്ന ആകാശം അന്തരീക്ഷലോകം ലോകം എന്ന് പറയും നമ്മൾ കാണുന്ന ലോകം അതീന്ദ്രിയമായ ലോകമാണ് ആകാശം അല്ലെങ്കിൽ അന്തരീക്ഷ ലോകം നമ്മൾ കാണുന്നതാണ് പൃഥ്വീ നമ്മൾ കാണുന്നതാണ് ഇവിടെ മൂന്ന് ലോകങ്ങൾ സാധാരണ സപ്തലോകങ്ങൾ എന്ന് പറയും ചതുർദ്ദശ ഭുവനങ്ങളെന്ന് പറയും ചിലടത്തും മൂന്ന് ലോകം എന്ന് പറയും ഭൂർലോകം ഈ കാണുന്ന ആകാശം അതിനുപരിയായിട്ടുള്ള ദുലോകം ഇത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുവെച്ചാൽ ഇത് തന്നെ പ്രപഞ്ചം പ്രതിവിയും ആകാശവും ദുലോകവും കൂടി ചേരുമ്പോൾ പ്രപഞ്ചമായി ഇത് ഏതുപോലെ വർണ്ണങ്ങൾ ചേർന്നിരിക്കുന്നത് ഈ ശബ്ദങ്ങൾ ചേർന്നിരിക്കുന്നത് പൂർവരൂപം ഉത്തരൂപം സന്ധി ഇത് ചേർന്നിരിക്കുന്നത് ലോകമിരിക്കുന്നു അതുകൊണ്ട് എവിടെ ആണോ ആ സംഹിത കാണുന്നത് സന്ധി കാണുന്നത് ആ സംഹിതയെ ഈ ലോകമായിട്ട് തന്നെ എടുക്കുക സന്ധി മധ്യം പൂർവോത്തരൂപയോഹോ സന്ധിയെ ദേശം പൂർവോത്തരൂപയിൽ പൂർവ്വത്തരൂപങ്ങൾ അവിടെ കൂടിച്ചേരുന്നു പൃഥ്വിയും ദിലോകവും കൂടിച്ചേരുന്നു ആകാശത്ത് രണ്ടിനെ അത് ബന്ധിപ്പിക്കുന്നു ലോകം വളരെ വലുതാണ് ശബ്ദം ക്ഷണികമാണ് തുച്ഛമാണ് പക്ഷേ ആ ശബ്ദത്തിൽ ആ ലോകഭാവന അതുകൂടെ അനുഷ്ഠിക്കാൻ വിധിക്കുകയാണ് അങ്ങനെ ഭാവന ചെയ്യുമ്പോൾ അത് അതിലോകം ഉപാസന എന്ന് പറയുന്നു അതെങ്ങനെയാണ് ഇതങ്ങനെ ശരിയാവും ശബ്ദം വേറെ ലോകം വേറെ സംഹിത വേറെ സന്ധി വേറെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വേറെ ഇത് രണ്ടിലും ഒരു സമാനതയും നമ്മൾ കാണുന്നില്ല അപ്പോ അതിൽ അതിനങ്ങനെ ഭാവന ചെയ്യാൻ പറയുക വിചിത്രമാണെന്ന് തോന്നുന്നു എല്ലാ ഉപാസനകളും വിചിത്രമാണ് സാളഗ്രാമവും വിഷ്ണുവുമായിട്ടൊരു ബന്ധമില്ല പക്ഷേ സാളഗ്രാമത്തെ വിഷ്ണുവായിട്ട് ഉപാസിക്കുന്നു ശിവലിംഗവും ശിവതത്വവുമായിട്ടൊരു ബന്ധമുണ്ട് ഇങ്ങനെ ശിവലിംഗത്തെ ശിവതത്വമായിട്ട് ഉപാസിക്കുന്നു പൗരാണികമായ ഉപാസം ഇവിടെ ഉപാസന് പറയുന്നു അവിടെ കേവലം അത് അനുഷ്ഠിക്കുക അവിടെ യുക്തി അന്വേഷിച്ചു കഴിഞ്ഞാൽ കേവലം നമ്മുടെ മനസ്സിനൊരു സമാധാനം കൊടുക്കാമെന്നുള്ള ശരിയായ യുക്തിയില്ല അങ്ങനെ വിധിച്ചിരിക്കുന്നതുകൊണ്ട് ചെയ്യുന്നു അതിന്റെ സയൻസ് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് വിചിത്രമായ പല കാര്യങ്ങളും ഇതുപോലെ പറയേണ്ടി വരും യുക്തിയെ ബോധ്യപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമാണ് പിന്നെ ഒരുപാട് പഴം കഥകളെയൊക്കെ ആശ്രയിക്കേണ്ടി വരും പക്ഷെ ഉപാസകന് ഫലം ലഭിക്കുന്നവനും സാളങ്കരാമത്തിൽ വിഷ്ണുവിനെ ധ്യാനിക്കുന്നവന് വിഷ്ണു പ്രത്യക്ഷമാകും രണ്ടെന്നും വരെ എന്താ ബന്ധം സാളഗ്രാമം വെറും ഒരു കല്ലിൻ്റെ കഷണം പക്ഷെ അതിനെ അതിൽ വിഷ്ണുവിനെ ധ്യാനിക്കുന്നവനം എങ്ങനെ വിഷ്ണു സാക്ഷാത്കൃതമാകുന്നു ഒരു കല്ലിൻ്റെ കഷ്ണവും വിഷ്ണുവായിട്ടുണ്ട് ബന്ധം എന്ന് ചിന്തിച്ചാൽ അവിടെ അത് യുക്തിയിൽപ്പെടുന്ന കാര്യങ്ങള സയൻസിന്റെ വിഷയമല്ല അതൊന്നുമില്ല അതും അതുപോലെ ഇവിടെയും സയൻസൊന്നും പറയൂ ഇതൊക്കെ ആൾക്കാർ സയൻസാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നുണ്ട് എന്തെങ്കിലും സയൻസ് കാണുമായിരിക്കും പക്ഷെ ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നു ഇവിടെ ഈ ഭാവന ആ ഭാവനയ്ക്ക് ഫലമുണ്ട് എന്നും പറയുന്നു മറ്റു ലൗകികമായ പൗരാണികമായ ഭാവനകൾക്ക് എങ്ങനെയാണോ ഫലമുള്ളത് അതുപോലെ വൈദികമായ ഭാവനയ്ക്കും ഫലം അവിടെ തന്നെ പറയുന്നു ആ ഭാവന ചെയ്യുന്നവന് ഫലമുണ്ടാകുന്നു എന്റെ സയൻസ് ശാസ്ത്രമൊന്നും അന്വേഷിക്കാൻ പോവേണ്ട കാര്യമില്ല പറയുന്നതെന്ന് ചെയ്യുക അത്ര ഇവിടെ പറയുന്നു ഓങ്കാരത്തെ ബ്രഹ്മമായിട്ട് വാസിക്കുന്നു പറയുമ്പോൾ ഓന്നു പറയുന്നൊരു ശബ്ദം മാത്രം ശരീരത്തിന്റെ ഈ ശബ്ദം പ്രകടമാകുന്ന സ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ശബ്ദം മറ്റേതൊരു ശബ്ദവും പോലെയുള്ള ശബ്ദം ശബ്ദം എന്നുള്ള നിലയ്ക്കാന് മറ്റു ശബ്ദങ്ങളിൽ നിന്നും ഒരു വിശേഷതയില്ല പക്ഷെ ആ ഓങ്കാരത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുന്നവന് ബ്രഹ്മ സംഭവിക്കുന്നു എന്ന് പറയുന്ന ഇവിടെ ഈ പറയുന്ന വൈദികമായ ഉപാസന അനുഷ്ഠിക്കുന്നവനും ഇതിന് ഫലമുണ്ടാകുന്നു കർമ്മം ഫലം പ്രത്യേകിച്ചും വൈദികമായ കർമ്മങ്ങൾ ഈ കർമ്മ ഫലമായിട്ട് എന്താ ബന്ധം എന്ന് നമുക്ക് ചിന്തിച്ചാൽ സമാധാനം കിട്ടത്തില്ല അതുകൊണ്ടാണ് വൈദികന്മാര് പറയുന്നത് കർമ്മത്തെയും ഫലത്തെയും ബന്ധിപ്പിക്കുന്നത് അപൂർവമാണോ പിടികിട്ടാത്ത ഒന്നാണ് അത് തന്നെയാണ് ഉപാസനയും അതിന്റെ ഫലവും ഇത് ഈ ഉപാസന അനുഷ്ഠി എങ്ങനെയും ഫലമുണ്ടാകും അതിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് നമുക്ക് ബുദ്ധിക്ക് പിടികിട്ടുന്നില്ല സ്ഥലഗ്രാമത്തെ ഉപാസിക്കുന്നവന് വിഷ്ണു എന്നു പ്രത്യക്ഷമാവും രണ്ടും നിനല്ലാമുണ്ട് അതൊന്നും ബുദ്ധിക്ക് പിടികിട്ടത്തില്ല പക്ഷെ അങ്ങനെ സംഭവിക്കുന്നു എന്നെങ്കിലൊരു ചിത്രം വരച്ച് വയ്ക്കുന്നു ദേവന്റെയോ ദേവിയുടെയോ ഏതെങ്കിലും ഒരു ചിത്രം വരുത്തിച്ചു വയ്ക്കുന്നു അതിനുപാസിക്കുന്നു അതിനുപാസിക്കുന്നവൻ എങ്ങനെയാ ആ അവന്റെ ഉപാസ്യമായിരിക്കുന്ന ചൈതന്യം പ്രത്യക്ഷമാകും അല്ലെങ്കിൽ ആ ദേവത പ്രത്യക്ഷമാകും ഇനി രണ്ടും മനെന്താ ബന്ധം ഇവിടെ സയൻസിനോ ആയുക്തിക്കോ ഒന്നും മറുപടി പറയാൻ പറ്റത്തില്ല പക്ഷെ അങ്ങനെ സംഭവിക്കും അതുപോലെ ഇവിടെയും പറയുന്നു ശബ്ദത്തിൽ സംഹിതയിൽ ലോക ഉപാസന അത് ചെയ്യുക ഇതെല്ലാം അധിഷ്ടമാണ് അതീന്ദ്രിയമാണ് ഫലം സംഭവിക്കുന്നുവെന്ന് മാത്രം യുക്തിയില്ല ആകാശസന്ധി വായുസന്ധാനം വായുസന്ധ്യാ സന്ധാനം സന്ധിയേതനം എന്തുകൊണ്ടാണോ ഇത് കൂടി ചേരുന്നത് എന്താണ് ആ യത്നം നമുക്ക് വേണമെങ്കിൽ ഇതിൽ പല സയൻസും വ്യാഖ്യാനിക്കാം പക്ഷെ ഇവിടെ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞിരിക്കുന്നു പൂർവ്വ വർണം ഉത്തരവർണം അത് കൂടിച്ചേരുന്നു കൂടിച്ചേരുന്നതിനൊരു യത്നം ആവശ്യമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ തീ എന്ന് എഴുതുന്നു പിന്നെ അധിലോകുന്നതിന് ശേഷം എഴുതി എന്നിട്ട് തന്നെ രണ്ടിനെയും കൂടെ കൂട്ടിച്ചേർപ്പം നമ്മൾ പറയുന്നു ഇക്കാലത്തിന് ഈ അകാരം ആദേശം വന്നു പരത്തിൽ അകാരമിരിക്കുമ്പോൾ ഈത്യധി ോകം വ്യാകരണം അങ്ങനെയാണ് വിശദീകരിക്കുന്നത് അപ്പോ അത് നമ്മൾ കൂട്ടിച്ചേർത്താ മതി ഇക്കാര്യത്തിന്റെ സ്ഥാനത്ത് ഇക്കാര്യം എഴുതി കഴിയുമ്പോ ഇത്യാഥിലോ ഇവിടെ അതല്ല പറയുന്നത് നമ്മളീ കാണുന്ന ലിപിയാണ് ലിപിയിലാണ് നമ്മൾ സന്ധിയുന്നത് ഇവിടെ ലിപിയെ കുറിച്ചല്ല പറയുന്നത് ഇത് പറയുന്ന കാലത്ത് ഈ ലിപി ഉണ്ടായിരുന്നു എന്റെ സംശയമാണ് നമുക്കിന്ന് ശബ്ദത്തെ ലിപിയിലൂടെ അറിയാൻ പറ്റുന്നുള്ളു നമ്മള് ലിപിയുടെ സ്വാധീനം കൊണ്ട് ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ലിപികളാണ് ഇവിടെ അതല്ല പറഞ്ഞു ഇവിടെ ശബ്ദത്തെയാണ് പറയുന്നത് ഗ്രന്ഥം എന്ന് പറയുന്നത് ശബ്ദമാണ് ശബ്ദത്തിലാണ് പൂർവം ശബ്ദത്തിലാണ് ഉത്തരം ശബ്ദമാണ് കൂടി ശബ്ദങ്ങളിലാണ് സംഹിത ആ ശബ്ദം ശബ്ദരൂപത്തിൽ നമ്മൾ ശ്രവിക്കുന്നു ശബ്ദം ശബ്ദാത്മകമായി നമ്മുടെ മനസ്സിനും പ്രവർത്തിക്കുന്നു മനസ്സ് ശബ്ദരൂപത്തെ പ്രാപിക്കുന്നു ശബ്ദരൂപത്തിൽ പരിണമിക്കുന്നു അവിടെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അല്ല പുസ്തകത്തിലെ കാര്യങ്ങളാണ് പറയുന്നത് എഴുതി വയ്ക്കുന്നതിൻ്റെ കാര്യം ആ ശബ്ദങ്ങൾക്ക് എന്താണ് പൂർവ്വഭാഗം പൂർവ്വരൂപമുണ്ട് ശബ്ദം ശ്രവണീന്ദ്രിയത്തിലൂടെ നമ്മൾ ഗ്രഹിക്കുന്നു നമ്മുടെ അന്ധക്കരണത്തിൽ അത് മനസ്സിന്റെ പരിണാമരൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ശബ്ദം മനസ്സിന്റെ പരിണാമമാണ് അങ്ങനെയാണ് മനസ്സിൽ സ്ഥിതി ചെയ്യുന്നു അപ്പം ആ മനസ്സിൽ പരിണാമരൂപത്തിൽ എന്തുണ്ട് ശബ്ദത്തിന്റെ പൂർവ്വരൂപമുണ്ട് ഉത്തര രൂപമുണ്ട് അത് കൂടിച്ചേർന്നു സംഹിത ചേർച്ചതും അതങ്ങനെ കൂടിച്ചേരുന്നതിന് എന്ത് വേണം പ്രയത്നം വേണം ഉള്ളിൽ പ്രയത്നം വേണം പ്രാണന്റെ പ്രയത്നം വേണം അതാണ് വായു ആ പ്രയത്നത്തെ ആ സന്ധാനത്തെ വായുവായു കാണുക കാരണം ആ വായു എന്ന് പറയുന്നത് കർമ്മത്തിന്റെ പ്രതീകമാണ് യത്നത്തിന്റെ പ്രതീകമാണ് ശബ്ദങ്ങൾ അന്ധകരണത്തിൽ പ്രകടമാകുന്നു നമ്മൾ പറയുന്നുണ്ടേ ശബ്ദം കേൾക്കുന്നു കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ശബ്ദം ശബ്ദം നമ്മുടെ ഉള്ളിൽ പ്രകടമാകുന്നു ഉള്ളിലെന്ന് പറഞ്ഞാൽ അന്ധകരണം മനസ്സ് മനസ്സിൽ ശബ്ദം പ്രകടമാകുന്നതിനാണ് നമ്മൾ കേൾക്കുക എന്ന് പറയുന്നത് മനസ്സിൽ ശബ്ദം പ്രകടമാകുക എന്ന് പറഞ്ഞാൽ മനസ്സ് ശബ്ദരൂപത്തെ പ്രാപിക്കുകയാണ് മനസ്സ് ഇക്കാല രൂപത്തെ പ്രാപിക്കുന്നു അക്കാല രൂപത്തെ പ്രാപിക്കുന്നു ഇക്കാല രൂപത്തെ പ്രാപിക്കുന്നു മനസ്സാരീതി പരിണമിക്കുന്നു അപ്പം നമ്മൾ വരുന്ന ശബ്ദം കേട്ടു ഞാൻ ഇകാരം കേട്ടു അക്കാരം കേട്ടു അവിടെ അത് ഒരു യത്നം കൊണ്ട് സാമീപ്യത്തിൽ വരുന്ന ശബ്ദങ്ങൾ കൂടി ചേരുന്നു ഇതിങ്ങനെ മാനസികമായും നടക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പം മനസ്സിൽ കാണാൻ ആവശ്യപ്പെടുകയാണ് അവിടെ ആ മനസ്സിൽ വരുന്ന പൂർവ്വരൂപം അതിനെ പൃഥിവിണുക ഉത്തരൂപം ദ്വീവായി കാണുക മധ്യം ആകാശമായി കാണുക ഇതിനെ കൂട്ടിച്ചേർക്കുന്ന യത്നം ആന്തരികമായ യത്നം അതിലാ കൂടിച്ചേരത്തില്ല അതിനെ വായുവായി ഭാവന ചെയ്യുക അപ്പൊ ശബ്ദവും മാനസികമായി ആ ശബ്ദത്തിലുള്ള ഭാവനകളും മാനസികമായി ലോകഭാവന അപ്പം ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു മനസ്സിന് ഏകാഗ്രത സംഭവിക്കുന്നു ഇപ്പം മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്കുള്ള ഒരു അഭ്യാസമാണ് അതുകൊണ്ട് പറയും ഉപാസന നിശിതം ഉപാസന കൊണ്ട് നിശിതമായ മനസ്സ് ഉപാസന കൊണ്ട് മൂർച്ചയുള്ള മനസ്സ് ഏത് ഭാവനയും മനസ്സിൻ്റെ ഏകാഗ്രതയാണ് എന്ത് ഭാവനയായാലും നല്ലതായാലും ചീത്തയായാലും ഭാവന എന്ന് പറയുന്നത് ഏകാഗ്രതയാണ് അത് ചില സമയം അത് ക്ഷണികമായി പോവും ചില സമയം അത് ദീർഘമായി നിൽക്കും എന്നുള്ള വ്യത്യാസം ദീർഘമായ ആ ഭാവനയാണെങ്കിൽ നമ്മൾ പറയാം നല്ല ഏകാഗ്രതയാണ് ക്ഷണികം ആണ് ആ ഭാവനെങ്കിൽ നമ്മളതിനെ ഏകാഗ്രത എന്ന് പറയത്തത് അത് ഏകാഗ്രമാണ് ഏകാഗ്രം എന്ന് പറയുന്നത് എന്താണ് മനസ്സിൽ ഒരു വിഷയം വരുന്നതിനാണ് ഏകാഗ്രത എന്ന് പറയുന്നത് ഏകമായ ആഗ്രഹം എന്നുവെച്ചാൽ വിഷയം മനസ്സിന് ഒരു വിഷയം വന്നാൽ മനസ്സിനുടെ ഏകാഗ്രത വന്നു പക്ഷേ നമ്മളതിനെ ഏകാഗ്രത സമ്മതി നമ്മൾ അംഗീകരിക്കത്തില്ല എന്തുകൊണ്ട് ആ വിഷയം മനസ്സിൽ തുടർച്ചയായി നിന്നാലും മനസ്സതിനെ തുടർച്ചയായി ഗ്രഹിച്ചവരെ നമ്മളതിനെ ഏകാഗ്രതയെന്ന് പറയും അത്തരത്തിലുള്ള ഏകാഗ്രത കൊണ്ട് മനസ്സിന് മൂർച്ച കൂടുന്നതാണ് ഉപാസനയുടെ ഫലം അതാണ് മനസ്സിൻ്റെ മൂർച്ച കൂട്ടുക അതിനുള്ളൊരു വൈദികമായ ഉപായം അതായിട്ടാണ് പറയുന്നത് സാളഗ്രാമത്തെ വിഷ്ണുവായിട്ട് ഒരാൾ ധ്യാനിക്കുന്നു ഇതേ തന്നെ വിഷ്ണു അയാൾ നിരന്തരം അത് ധ്യാനിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ മൂർച്ഛ കൂട്ടുക മനസ്സിലൊരു വിഷയം മാത്രം നിൽക്കുകയാണ് അതിൻ്റെ ഫലമായി എന്താ സംഭവിക്കുന്നത് മനസ്സുമായിട്ടോ ഈ ചാലഗ്രാമമായിട്ടോ അയാളെ ധ്യാനിക്കുന്ന ഒരു ബന്ധമില്ലാത്ത മറ്റൊന്ന് സംഭവിക്കും ഒരു സാക്ഷാത്കാരം സംഭവിക്കും അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഫലം പറയുന്നു മുഖ്യമായിട്ടും മനസ്സിൻ്റെ ഏകാഗ്രത മറ്റു ഫലങ്ങളും പറയുന്നുണ്ട് അത് ഈ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് ഒരു ബന്ധമുണ്ടാകല്ല പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫലമുണ്ടാകും ഇവിടെ പറയുന്നു ഫലം സുവർണ ഉണ്ടാകും അല്ലെങ്കിൽ ബ്രഹ്മവ്രചസ്സം ഉണ്ടാകും അല്ലെങ്കിൽ പ്രജയുണ്ടാകുന്നു ഐശ്വര്യം ഉണ്ടാകുന്നു മേധ ഉണ്ടാകും ഇത്തരം ഫലങ്ങളെക്കുറിച്ച് പറയും അത് സംഭവിക്കുന്നു എന്നാണ് കാരണം ഇതെല്ലാം മനസ്സിലാണ് ഭൂമി അധ്വാനിച്ചു ഭൂമിയിൽ നിന്ന് ഫലം ഭൂമിഫലം തരുന്നു അതുപോലെ മനസ്സുകൊണ്ട് അധ്വാനിക്കുമ്പോൾ മനസ്സിൽ ഫലം ഉണ്ടാകുന്നു ആ ഫലവും മാനസികമാണ് ആത്യന്തികമായിട്ട് സർവഫലങ്ങളും മാനസികമാണല്ലോ ആ മാനസികമായ ഫലത്തേണെന്ന് പറയുന്നതിന്റെ ഏകാഗ്രത അത് ബാഹ്യമായ പ്രപഞ്ചത്തെയും സ്വാധീനിക്കുന്നു ബാഹ്യമായ പ്രപഞ്ചത്തിനും അതിൻ്റെതായ ഫലത്തിൽ ഉണ്ടാവുന്നു ഒരാള് ശിവലിംഗത്തെ ശിവനായിട്ട് ശിവനായിട്ട് അയാൾ ആരാധിക്കുന്നു അതിനെ ധ്യാനിക്കുന്നു അങ്ങനെ ധ്യാനിക്കുന്നവനും ശിവൻ ബാഹ്യമായി പ്രത്യക്ഷപ്പെടുന്നു ആ ഉപാസനം ഉണ്ടായിട്ടുള്ള മനസ്സിന് ഏകാഗ്രതകൾ ആന്തരികമായി ബാഹ്യമായും സംഭവിക്കുന്നു ശിവരൂപം പ്രത്യക്ഷപ്പെടുന്നു അതെങ്ങനെയാണ് ഇത് രണ്ടെന്നും കേവലം മനസ്സിലാണ് അയാൾ അധ്വാനിച്ചത് പക്ഷെ പുറമെ അങ്ങനെ ഫലം വന്നു അതുപോലെ ഉപാസനയ്ക്കും പറയുന്നു ആന്തരികമായും ഫലം വരുന്നു മനസ്സിൻ്റെ ബാഹ്യമായും ഫലം വരുന്നു ഐശ്വര്യവും മറ്റും ബാഹ്യമായും ഉണ്ടാകുന്നു അത് അധിഷ്ടം കൊണ്ട് സംഭവിക്കുന്നു ആ കാര്യകാരണ ബന്ധം അത് മനുഷ്യന്റെ ബുദ്ധിക്ക് പിടികിട്ടുന്നില്ല അതുകൊണ്ടാണ് വേദം ഈശ്വരൻ പറഞ്ഞിരിക്കുന്നത് ഈശ്വരൻ ഉച്ചരിച്ചിരിക്കുന്നതെന്നെല്ലാം പറയുന്നു ആ കാരണം കൊണ്ടാണ് വിദ്യാധി ലോകം ദർശനം ഇതുപോലെ ബാക്കി വരുന്ന ദർശനങ്ങളും ഇതുപോലെയാണ് അത് അധിജ്യോതിഷം മറ്റൊരു ഭാവനയെ കുറിച്ച് പറയുന്നു അത് അധിജ്യോതിഷം എന്താണ് അഗ്നിപൂർവ രൂപം ഇത് തന്നെ ആ ശബ്ദം തന്നെ വൈദികമായ ശബ്ദങ്ങൾ ആ വൈദികമായ ശബ്ദങ്ങളുടെ സംഹിത അവിടെ സർവശബ്ദങ്ങൾ പ്രത്യേകിച്ച് ഈ ശബ്ദത്തെക്കുറിച്ച് പറയുകയല്ല പറഞ്ഞിട്ടുള്ള ഗ്രന്ഥഭാവിതമായ ബുദ്ധി വേദാധ്യയനം ചെയ്യുന്നവൻ്റെ ആ മനസ്സ് തന്നെ ശബ്ദമയമായി വേദമയമായി ശബ്ദാത്മകമായി അവനെ സംബന്ധിച്ചിടത്തോളം പൂർവം ഉത്തരം എന്ന് പറഞ്ഞാണ് അവിടെ ശബ്ദധാരണയ്ക്ക് പ്രയാസമൊന്നുമില്ല ഒരു ലൗകികമായ സംബന്ധിച്ചിടത്തോളം മനസ്സിനെ സംബന്ധിച്ച് അതൊക്കെ പ്രയാസമാണ് ആ ശബ്ദധാരണ പ്രയാസമാണ് ശബ്ദത്തിൽ ധാരണ ചെയ്യുന്ന പ്രയാസം എന്തുകൊണ്ട് അവൻ്റെ മനസ്സിൽ വേദമില്ല അവൻ്റെ മനസ്സിൽ ബാഹ്യമായ വിഷയങ്ങളാണ് അവൻ്റെ മനസ്സ് ധാരണ ചെയ്യുന്ന കാണുന്ന നാമരൂപങ്ങളിലൊക്കെ അവന് ധാരണ ചെയ്യാൻ പറ്റും അവന്റെ ഇഷ്ടവിഷയങ്ങളിലും മനസ്സ് ധാരണ ഇതങ്ങനെ വൈദികൻ്റെ മനസ്സിന് തന്നെ വാങ്്മയമാണ് ശബ്ദമാണ് അപ്പോൾ പറയുന്നത് അത്യന്തം ഗ്രന്ഥഭാവിതമായി ഗ്രന്ഥ സംസ്കാരത്തോടുകൂടിയതായി ബുദ്ധി വേദത്ത് മാത്രം ധ്യാനിക്കുന്നവന് അവനെ സംബന്ധിച്ചത് ഈ ഭാവനയുടെ എങ്ങനെയാണോ അവന്റെ മനസ്സിലൂടെ ഈ വേദരാശി കടന്നുപോകുന്ന അതുപോലെ അവന്റെ മനസ്സിലൂടെ ഈ ഭാവനകളും അതിനോടൊപ്പം കടന്നു അത് പ്രയാസമുള്ള കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഏച്ചു കെട്ടിയതുപോലെ ഇരിക്കുക എന്തായി പറയുന്നു എന്ന് തോന്നുന്നു അതിജ്യോതിഷം അഗ്നിപൂർവരൂപം അതിന്റെ പൂർവ്വരൂപമായി അഗ്നി അതൊരു ജ്യോതിഷാണല്ലോ ആദിത്യ ഉത്തരൂപം ആദിത്യനാണ് ഉത്തരരൂപമായിരിക്കുന്നത് ആ ജലമാണ് അതിന്റെ സന്ധി അഗ്നിയിൽ നിന്ന് ജലമുണ്ടായെന്നാണ് പറയുന്നത് അപ്പൊ അത്തരമൊരു ചിന്തയ്ക്ക് ഇവിടെ പ്രസക്തിയെന്നു ഏതെങ്കിലും നേതുണ്ടായി സാന്ദർഭ്യമായി പറഞ്ഞേ ഉള്ളൂ ഇവിടെ ഈ ഭാവനയ്ക്കാണ് പ്രാധാന്യം അല്ലാതെ അതിൻ്റെ അതെങ്ങനെ സംഭവിച്ചു അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടില്ല ആദിത്യൻ അഗ്നിയിൽ നിന്നുണ്ടാവും അഗ്നിയും ആദിത്യനുമായി എന്താ ബന്ധം അത്തരം കാര്യങ്ങൾക്കൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല അതിൻ്റെ സയൻസിന് പ്രസക്തിയില്ല ഇവിടെ ഭാവനയ്ക്കാണ് പ്രസക്തി അത് ശരിയാണോ തെറ്റാണോ അങ്ങനെ സംഭവിക്കാമോ ആദ്യത്തിന് ഉത്തരരൂപമാവുമോ അത്തരം ചിന്തയ്ക്കോ ചോദ്യങ്ങൾക്കോന്നും ഇവിടെ ഒരു പ്രസക്തി ഭാവന എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യവും കൂടാതെ അതിനനുഷ്ഠിക്കാതാണ് അതിന് ചോദ്യത്തിന് സമാധാനം പറയാൻ ആരും ബാധ്യസ്ഥരല്ല എന്തുകൊണ്ട് ശിവനായി ആരാധിക്കുന്നു ചോദ്യം ചോദിച്ചു നമ്മൾ പുഴങ്ങിപ്പോകും ശരിയായൊരു സമാധാനം പറയാൻ പ്രയാസമാണ് ശരിയായ സമാധാനം പറയാൻ വയ്യാത്തോണ്ട് പറയാതെ ആറ്റം പോണെന്നോ ഹൈഡ്രോജൻ പോകാണെന്നോ ഒക്കെ പറയാം എന്ന് പറഞ്ഞ് മനുഷ്യന്റെ കണ്ണിപ്പൊടിയിടും പക്ഷെ ഉത്തരം പറയാൻ പ്രയാസമാണ് അത് തന്നെ ആദ്യത്തെ ഉത്തരം ഉപാസനകൾക്കെല്ലാം ഉള്ള ഒരു കാര്യമാണ് അത് യുക്തിയുടെ വിഷയമല്ല നമ്മളതിനെ യുക്തിയുക്തമാക്കാൻ പോകും അത് അവനെ ശ്രദ്ധയുടെ വിഷയമാണ് കേവലമായ ശ്രദ്ധ അ ശ്രദ്ധ കൊണ്ട് സാധിക്കേണ്ടതാണ് ആദിത്യനുത്തരൂപമാണ് എന്ന് പറയുമ്പോൾ യുക്തിയും ശാസ്ത്രവും ഒന്നും അന്വേഷിച്ചു പോലെ അബദ്ധമാണ് ഇവിടെ അതിനുവേണ്ടിയല്ല പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് മനഃശാസ്ത്രമാണെന്നോ അങ്ങനെ പലതരത്തിലും പറയുന്നുണ്ട് അതുമായിട്ടൊരു ബന്ധുവല്ല കേവലം ഭവന ഉപാസനം ശ്രദ്ധയുള്ളവനും ബാക്കി ഒന്നിന്റെ ആവശ്യമില്ല സളഗ്രാമത്തെ വിഷ്ണുവായി കാണുന്നവന് മറ്റൊന്നും പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല അതെന്താണ് ഇതെങ്ങനെ സംഭവിക്കുന്നു അതെങ്ങനെ സംഭവിക്കും യുക്തിചിന്ത കൊണ്ടല്ല യുക്തി ചിന്തയുള്ളവനും ശ്രദ്ധ അതിനെ പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ വെറും പാറ കഷ്ണമാണ് വ്യക്തിയിലൂടെ അല്ലെങ്കിൽ സയൻസിലൂടെ പരിശോധിക്കാൻ പോയാൽ അവന് ഉപാസിക്കാൻ കഴിയത്തില്ല അവനാ കല്ലിന്റെ തത്വം പിടിയിട്ട് ഇന്നതാണ് അവരുടെ മൂലകങ്ങൾ ഇന്നതാണ് അത് ഉപാസനക്ക് ഉപാസന കേവലമായ ശ്രദ്ധ വിധിച്ചിരിക്കുന്നു അത് ചെയ്യുന്നുണ്ടാകുന്നു അവരുടെ വരുന്ന ആദിത്യനാണ് ആ ഉത്തരൂപം അത് ഭാവന ചെയ്യുക ശബ്ദാത്മകമായ മനസ്സിൽ ഇത് ഭാവന ചെയ്യുക ആപഹസന്ധി അവിടുത്തെ സന്ധി എന്താണ് അത് ജലമാണ് വൈദ്യുതസന്ധാനം മിന്നൽ പിണറുകളാണ് അവിടുത്തെ സന്താനം യത്നം ഇവയെ ബന്ധിപ്പിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ് എന്താണ് ആദിത്യനെന്നറിയാം എന്താണ് ജനമെന്നറിയാം അഗ്നി എന്തെന്നറിയാം വിദ്യുതെന്താണെന്നറിയാം പക്ഷെ ഇവിടുത്തെ ബന്ധം നമുക്ക് മനസ്സിലാകുന്നില്ല ഇതെങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതെങ്ങനെ സന്താനമാകുന്നു അതെങ്ങനെ യത്നമാകുന്നു യത്നമാകുന്നു പറയുന്നില്ല നിങ്ങളെങ്ങനെ ഭാവന ചെയ്യാനേ പറയുന്നു ആദിത്യനുത്തരൂപമാണെന്നല്ല പറയുന്നു മലത് ഉത്തര രൂപത്തിൽ ആദിത്യ ഭാവന ആദിത്യനാണെന്ന് ഭാവന ചെയ്യുക അതിജ്യോതിഷം അതിജ്യോതിഷവും ഉപാസന ശബ്ദം സർവാത്മകമാണ് അതിന്റെ യുക്തിയല്ല അതിന്റെ തത്വം അതാണ് ശബ്ദം സർവാത്മകമായിരിക്കുന്നു അപ്പൊ ശബ്ദത്തിൽ സർവഭാവനീയമാവാം എന്ന് വേണമെങ്കിൽ നമുക്ക് സമാധാനപ്പെടാം അഥ അതിവിദ്യ പറയുന്നു ഇവിടെ പറയുന്നു ഈ ഭക്ഷ്യകാലം പറയും ഈ പറയുന്നിടത്തെല്ലാം അഗ്നിപൂർവ രൂപം എന്ന് പറഞ്ഞു അഗ്നി എന്ന് പറയുന്നതും ഈ ശബ്ദമായിട്ട് എന്താ ഒരു ബന്ധം ഒരു ബന്ധം കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഭാവന ചെയ്യാൻ പറ്റുന്നില്ല അധിലോകം ഇതിന് ഇതാരത്തിൽ എടുക്കുക അത് അഗ്നിയാണെന്ന് പറഞ്ഞു രണ്ടുമില്ല എന്താ ബന്ധം ശബ്ദം കേവലം ശബ്ദം അഗ്നിപദാർത്ഥമാണ് എന്താ ഇതിനെ ബന്ധത്തെ കണ്ടെത്തുന്നു ശബ്ദവും വസ്തുവുമായിട്ട് പക്ഷേ അറിയുന്നു അങ്ങനെ ഒരു പ്രയാസം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ രണ്ടിലൂടെ ചൈതന്യത്തെ എടുക്കുക ആ ശബ്ദം ചൈതന്യമായ ആണല്ലോ ഇനി അഗ്നിയോ അത് ചൈതന്യമായ അതിനാണ് നമ്മൾ അഗ്നിദേവൻ എന്ന് പറയുന്നു ആദിത്യദേവൻ എന്ന് പറയുന്നു വരണദേവനെന്ന് പറയുന്നു അത് ഭൗതികമായും നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും വസ്തുരൂപത്തിൽ പദാർത്ഥ രൂപത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇത് വാസ്തവത്തിൽ ചൈതന്യമയമാണല്ലോ ദേവതാമയമാണല്ലോ അപ്പോൾ ദേവതകളെ സ്വീകരിച്ചോളൂ ആ ശബ്ദദേവതയോട് ഈ ഭൂതദേവതകളെ അതിൽ ഭാവന ചെയ്യുക അതിനെന്താ പറയാ ചൈതന്യത്തിൻ്റെ ഏകീഭാവമാണല്ലോ സംഭവിക്കുന്നത് അങ്ങനെ എടുക്കാം എന്നാണ് ഇവിടെ ഭാഷകാരം പറയുന്നത് സർവത്ര ഈ ജഡമായ വസ്തുക്കൾ ഇനി വിദ്യയിൽ വിദ്യയും അങ്ങനെ ഭാവനയും അങ്ങനെ ആചാരിക പൂർവരൂപം ഈ ശബ്ദത്തിൻ്റെ പൂർവരൂപം ആചാര്യനാണ് അന്തേവാസ്യസ്ഥരൂപം ശിഷ്യൻ ഉത്തരവുമാണ് വിദ്യാസന്ധി ഇവരെ ബന്ധിപ്പിക്കുന്നു ആചാര്യനെയും ശിഷ്യനെയും ബന്ധിപ്പിക്കുന്ന എന്താണ് വിദ്യയാണ് പ്രവചനം സന്ധാനം അപ്പോൾ ആചാര്യ ശിഷ്യന്മാരുടെ ആ പരസ്പര്യത്തിൽ നിന്നും ഉണ്ടാകുന്ന വിദ്യ അത് സന്ധി അതിന്റെ ഉപദേശം പ്രവചനം ഉപദേശം അതാണ് സന്ധാനം ആയത്നം അങ്ങനെ ശബ്ദത്തിൽ വരുന്ന പൂർവ്വ ഉത്തര സന്ധി സന്ധാനങ്ങൾ ആചാര്യ ശിഷ്യ വിദ്യാപ്രവചനങ്ങൾ ആയിട്ട് കാണുക അങ്ങനെ ഭാവന ചെയ്യുക അതിവിദ്യ വിധിവിദ്യയെ സംബന്ധിച്ചുള്ള ഉപാസനയാണ് ശബ്ദോപാസനയാണ് അധിപ്രജം സർവത്തിന് ഈ പ്രപഞ്ചത്തിന് സർവത്തിനും സർവത്തെയും ഇങ്ങനെ ശബ്ദത്തിൽ ഭാവന ചെയ്യാം ശബ്ദം സർവാത്മകമായതുകൊണ്ട് തന്നെ ശബ്ദമല്ലാത്തതായിട്ട് ഇവിടെ ഒന്നുമില്ല സർവവും ശബ്ദം തന്നെ അതുകൊണ്ടിങ്ങനെ പ്രധാനപ്പെട്ട നാലഞ്ചെണ്ണത്തിന് നിർദ്ദേശിക്കുന്നു അതിപ്രജം മാതാപൂർവരൂപം ആ ശബ്ദത്തിന്റെ പൂർവരൂപമായിരിക്കുന്ന സംഹിതയിലെ പൂർവരൂപമായിരിക്കുന്ന മാതാവാണ് പിതാവുത്തരൂപം പിതാവായിരിക്കുന്ന ഉത്തരരൂപമാണ് പ്രജ സന്ധി മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്ന ആ സന്താനം അതാണ് സന്ധി പ്രജനനം സന്താനം അസൃഷ്ടി പ്രക്രിയ അതാണ് സന്ധാനം ഇത്യാധിപ്രജം അങ്ങനെ അധിപ്രജം എന്ന ഉപാസന ആ പേരാണ് അതാധ്യാത്മം ഇനി ശരീര സംബന്ധിയായിട്ടും ചിന്തിക്കാം ശബ്ദം ശ്രവിക്കുന്ന ശബ്ദം ഇതെവിടെ നിന്നാ പുറപ്പെടുന്നു ജിഹുവൽ നിന്ന് മുഖം വായ് മുഖം ശബ്ദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അതാണ് അതുകൊണ്ട് അധ്യാത്മം എന്ന് പറഞ്ഞാൽ ശരീരത്തെ മൊത്തം എടുക്കാം പക്ഷേ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് എടുക്കുന്നു അധരാഹനുപൂർവരൂപം അധരഹനും അതിന്റെ ചലനം ഹനു ചലനം കൊണ്ടാണ് ശബ്ദം അത് സഹായിക്കുന്ന ശബ്ദം വരുന്നത് കീഴ്ത്താടി പൂർവരൂപം ഉത്തരാഹനുത്തരൂപം മേഴ്ത്താടി അത് ഉത്തര രൂപമാണ് വാക്സന്ധി അവിടെ നിന്ന് ശബ്ദം പുറപ്പെടുന്നു ഇവയ്ക്കൊരുതരത്തിലുള്ള ഒരു ബന്ധമുണ്ട് ശബ്ദത്തിൽ എങ്ങനെയാണോ ആ ബന്ധം അനുഭവപ്പെടുന്ന അതുപോലെ ഇവിടെ പറയുന്ന ഉപാസനക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന ഈ വസ്തുക്കളിലെല്ലാം അത്തരത്തിലൊരു ബന്ധമുണ്ട് ബന്ധം ആ ബന്ധത്താണ് സംഹിതെന്ന് പറയുന്നത് വാക്സന്ധി ഇതിൻ്റെ പ്രവർത്തനം കൊണ്ട് വരുന്ന വാക് അത് സന്ധി ജിഹ്വാ സന്ധാനം ഇതിൻ്റെ ഉള്ളിൽ ഈ ജിഹ്വാ നാക്ക് പ്രവർത്തിച്ചിട്ടാണല്ലോ ഈ ശബ്ദം ഇങ്ങനെ വരുന്നത് അത് സന്ധാനം ഇത് അധ്യാത്മം ഇമാമഹാസംഹിത പറയുന്ന ഇതിനെയാണ് മഹാസംഹിത എന്ന് നേരത്തെ പറഞ്ഞത് മഹാസംഹിതോപാസന എന്ന് പറഞ്ഞ വളരെ മഹത്തായ ബൃഹത്തായിരിക്കുന്ന ഈ പ്രപഞ്ച ഘടകങ്ങളെ ശബ്ദത്തിൽ ഭാവനയും അത് വിശേഷിച്ചൊരു ശബ്ദമല്ല വൈദികമായ ശബ്ദങ്ങളിലുള്ള ഭാവനയും അങ്ങനെ ഒരു ശബ്ദ ഭാവന ഏതാ മഹാസംഹിത വ്യാഖ്യാത അങ്ങനെ മഹാസംഹിത ഭാവനയെ ഉപാസനയെ ഇവിടെ വിശദീകരിച്ചിരിക്കുന്നു വ്യാഖ്യാത സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു എന്നറിയണം വേദ അതിനുസിക്കണം കശിത് മഹാസംഹിതേദ ഉപാസ് ആരാണോ ഈ മഹാസംഹിതെ ഉപാസിക്കുന്നത് ഈ ശബ്ദത്തിൽ ഇത്തരം ഭാവന ചെയ്യുന്നത് ഈ ശബ്ദത്തിലൂടെ നിറ എന്ന് പറയുമ്പോൾ എന്താ ഈ വൈദികമായ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നു ഗുരുവിൽ നിന്ന് സ്വീകരിച്ച് ഉച്ചരിക്കുന്നു അതൊന്നു കേവല ശബ്ദം മാത്രം അവർ ശബ്ദത്തിൽ മാത്രം ഏകാഗ്രതയോടുകൂടി ആ ശബ്ദത്തെ ഉച്ചരിക്കുന്നു ഇപ്പൊ ശബ്ദത്തെ പുറപ്പെടുവിക്കുന്നു ശബ്ദത്തെ കേൾക്കുന്നു അതൊരു വാസന ഗ്രന്ഥഭാവിതമായ ഇനി അർത്ഥഭാവിതമായ ഉപാസന എന്ത് ചെയ്യുന്നു ആ ശബ്ദത്തെ ഗ്രഹിക്കുന്നു അർത്ഥത്തെയും മനസ്സിലാക്കുന്നു അർത്ഥത്തെ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കുന്നു ആ ഈ ശബ്ദം തന്റെ അന്തക്കണ്ണ പരിണാമ രൂപത്തിലിരിക്കുന്ന ഈ ശബ്ദത്തിൽ ഇത്തരം ഭാവനകൾ കൂടി ചെയ്യണം എന്നീ ശബ്ദങ്ങളിലൂടെ മനസ്സിലാക്കുന്നു ധ്യാനിക്കുന്നു ഭാവന ചെയ്യുന്നു സംഹിത വ്യാഖ്യാത ആരാണോ ഇതിനെ ഉപാസിക്കുന്നത് ഈ ശബ്ദത്തെ ചൊല്ലുന്നതിനുപരിയായി ഇത്തരം ഭാവന കൂടി മനസ്സിൽ വയ്ക്കുന്നത് ഉപാസന സാ വിജ്ഞാനാധികാരാ വേദ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപാസനമാണ് അറിയുക എന്നുള്ള അർത്ഥമല്ല എന്തുകൊണ്ടിത് വിജ്ഞാനാധികാരമാണ് ഉപാസന പ്രകരണമാണെന്നർത്ഥം ീ പറയുന്ന ഭാവം ഉപാസന പ്രകരണമാണ് എങ്ങനെ മനസ്സിലാക്കാം ഇത് പ്രാചീനയോഗ്യ ഉപാസ് ഇത് വചന പ്രാചീനയോഗ്യ ഉപാസ എന്ന് അവസാനം പറയുന്നുണ്ട് ഇവിടെ തന്നെ ഇത് ഉപാസനയുടെ വിഷയമാണ് ഉപാസന എന്ന് പറഞ്ഞാൽ ധ്യാനം തന്നെ ോ ഉപാസനയെന്നോ പറയാം എന്താണത് ഉപാസനം ച യഥാശാസ്ത്രം തുല്യ പ്രത്യസന്ത അസങ്കീർണ അതത് പ്രതീഹി ശാസ്ത്രോക്ത ആലംബന വിഷയാ ച എന്താണ് ഉപാസനം അല്ലെങ്കിൽ ധ്യാനം എന്നുള്ളതിൽ പറയുന്നു യഥാശാസ്ത്രം ഒന്നത് ശാസ്ത്രത്തിനനുസരിച്ചായിരിക്കണം എന്തെങ്കിലും ഉപാസ എന്തെങ്കിലും ഭാവന ചെയ്താൽ പോരാ അതാണ് പറഞ്ഞത് എല്ലാ ഭാവനയും ധ്യാനം തന്നെ പക്ഷെ എല്ലാ ഭാവനയും നമുക്കിവിടെ ധ്യാനമായിട്ട് കണക്കിലെടുക്കാൻ കഴിയും ഉപാസനയിട്ട് എടുക്കാൻ കഴിയും യഥാശാസ്ത്രം ശാസ്ത്രത്തിനനുസരിച്ചായിരിക്കണം ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളെ നമ്മൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഗ്രഹിക്കുകയെന്ന് വെച്ചാൽ അതിനെല്ലാം ഉപാസിക്കുകയാണ് ശബ്ദം കേൾക്കുമ്പോൾ ശബ്ദത്തെ ഉപാസിക്കുന്നു സ്പർശ അനുഭവിക്കുമ്പോൾ അതിനെ ഉപാസിക്കുന്നു രസം അനുഭവിക്കുമ്പോൾ മനസ്സതിന് ലീനമാകുന്നു മനസ്സിനു ഏകാഗ്രമാകുന്നു ഉപാസിക്കുന്നു പക്ഷെ അത് ഇവിടെ ഉപാസനയായിട്ട് അംഗീകരിക്കുന്നു എന്തുകൊണ്ടത് യഥാശാസ്ത്ര ശാസ്ത്രത്തിനനുസരിച്ചല്ല രസത്തിൽ രസിക്കുന്നത് സഹജമാണ് ഇന്ദ്രിയം രസത്തെ ഇഷ്ടപ്പെടുന്നോണ്ട് രസിച്ചു പോകും അത് പ്രകൃതിസിദ്ധമായ കാര്യമാണ് ജീവന്റെ പ്രകൃതി ശാസ്ത്രത്തിന്റെ ഒന്നും സഹായമില്ലാതെ രസിക്കുന്നതാണ് മനസ്സ് രസിക്കുന്നതാണ് ആ രസത്തിൽ നമുക്ക് ധ്യാനം എന്ന് പറയാൻ പറ്റത്തും അവിടെ ധ്യാനം എന്തായിരിക്കും യഥാശാസ്ത്രം ശാസ്ത്രത്തിൽ പറയുന്നതനുസരിച്ചാലേ അത് ഉപാസനയാകും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഞാനിങ്ങനെ ഭാവന ചെയ്യുക അത് ഉപാസനയായി അതുകൊണ്ട് വിഷയഗ്രഹണം അത് സഹജമായതുകൊണ്ട് കേവലം പ്രകൃതിയെ അനുസരിച്ച് സംഭവിക്കുന്നതുകൊണ്ട് ജീവനതിന് യാതൊരു സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ട് ജീവന്റെ ഇച്ഛയ്ക്കോ യന്ത്രത്തിനോ അത് പൂർണ്ണമായും വിധേയമല്ലാത്തതുണ്ട് അതൊന്നും ഉപാസനയല്ല അതിന് ശാസ്ത്രീയമായ ഉപാസന എന്ന് പറയാൻ വയ്യ അവിടെയൊക്കെ മനസ്സിന് ഏകാഗ്രത സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ യഥാശാസ്ത്രം ഇവിടെ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ തുല്യപ്രത്യസന്തതി തുല്യപ്രത്യങ്ങളുടെ പ്രവാഹം ഒരേ വിചാരധാര പ്രതിയൊന്നിച്ച വിാരം അതിന്റെ സന്തതി അതിന്റെ ധാരേ ചിത്തപ്രവാഹം ഒരേ മാനസിക വിവൃത്തികൾ അത് തുല്യമായിരിക്കണം ഒരുപോലെ ഇരിക്കണം ഇവിടെ അതാണല്ലോ ഭാവന അസങ്കീർണാച അതത്പ്രീ അതത് പ്രത്യങ്ങൾ അതിന് വിപരീതമായ ധാരണകൾ ഭാവനകൾ വിചാരം ചിന്ത അതുമായിട്ട് കല്ലരരുത് എന്നറക്കും തുല്യപ്രത്യങ്ങളെന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഈ ഉപാസനക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറഞ്ഞു ഒരു കാര്യം തന്നെ പറയുന്നത് അതിലോകം അതിജ്യോതിഷം അതി പരസ്പര ഭിന്നങ്ങളാണ് ഒരു കാര്യം പറയാതെ നമ്മൾ ഒങ്കാലത്ത് ഉപാസിക്കാൻ പറയുന്നത് ഓം ഓം ഓം ഒരു കാര്യം മനസ്സിൽ ആവർത്തിക്കുക ഇവിടെ അങ്ങനെയല്ല മനസ്സിലൂടെ പല വൃത്തികളാണ് കടന്നു പോകുന്നത് അതങ്ങനെ ഉപാസനയാവും പല വൃത്തികൾ പോകുന്നതിൽ ദോഷമുണ്ട് മനസ്സിലൂടെ പല വിചാരങ്ങൾ കടന്നു പോകുന്നോണ്ട് അത് ഉപാസന അല്ലെങ്കിൽ ധ്യാനം അല്ലാതെ ആകത്തില്ല പല വികാരങ്ങൾ പല വിചാരങ്ങൾ വിചാരമെന്ന് പറയുന്നത് എന്നുള്ള പല വികാരമൊന്നും പറയാം മനസ്സിന്റെ പരിണാമമാണ് അത് പലത് കടന്നുപോയാനും അത് ധ്യാനം തന്നെ സംശയമുണ്ട് പക്ഷേ അതെങ്ങനെയായിരിക്കണം തുല്യമായിരിക്കണം ഒരുപോലെ ആയിരിക്കണം എന്നുവെച്ചാൽ ഒരേ സ്വഭാവത്തിലുള്ളതായിരിക്കണം ഇവിടെ എന്താണ് ഒരേ സ്വഭാവത്തിലുള്ള ഭാവനയാണ് എന്തുകൊണ്ട് എല്ലായിടത്തും സംഹിതയാണ് ഒന്നും മനസ്സും പൂർവ ഉത്തരസന്ധി സന്താനമാണ് മനസ് അപ്പോ അത് ഒരേ രൂപത്തിലാണല്ലോ അതിലാണ് ഭാവനകൾ വരുന്നത് ഭാവന എങ്ങനെ വരുന്നു അവിടെ ആരോപിക്കുന്ന വിഷയങ്ങൾ വരെ ആണെങ്കിലും അതും പൂർവ്വം ഉത്തരം സന്ധി സന്താനം ഇങ്ങനെ വരുന്നു അത് തുല്യമാണ് ഒരുപോലെയാണ് ഒരുപോലെയായി കഴിഞ്ഞാൽ അത് ഉപാസനയായി അത് അതപ്രത്യം പറഞ്ഞാലോ അതുമായിട്ടൊരു ബന്ധമില്ലാത്ത ഈ ഉപാസന അനുഷ്ഠിക്കുമ്പോൾ അയാളുടെ മനസ്സിലേക്ക് മറ്റ് നാമരൂപങ്ങൾ മറ്റ് ശബ്ദങ്ങൾ മറ്റ് വിഷയങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ അതെല്ലാം അതക് പ്രത്യങ്ങളായി അതേസമയം തുല്യമാണെങ്കിൽ അത് ഉപാസനയായി അപ്പൊ അതക് പ്രത്യങ്ങൾ കടന്നു വരാതെ ധ്യാനത്തിലെല്ലായിടത്തും അങ്ങനെ അവിടെ തുല്യപ്രത്യമായിരിക്കണമെന്നേ ഉള്ളൂ അല്ലാതെ ഒന്നു തന്നെ ഏകം തന്നെ ആയിരിക്കണം എന്നില്ല ഒരുപോലെ ആയിരുന്ന സച്ചിതാനന്ദം സത്ത്ചിത്താനന്ദം വിജ്ഞാനം അവിടെ എന്താണ് എല്ലാം തുല്യമാണ് ഒന്നല്ല സത് എന്നുള്ള ഒന്ന് തന്നെ ആവർത്തിക്കണമെന്നില്ല സത്തിനോടൊപ്പം ചിത്ത് വന്നാലും കുഴപ്പമില്ല ചിത്തിനോടൊപ്പം ആനന്ദം വന്നാലും കുഴപ്പമൊന്നും എന്തുകൊണ്ടതെല്ലാം തുല്യമാണ് ഒരു രൂപത്തെ ധ്യാനിക്കുന്നു ഒരു മൂർത്തിയെ ധ്യാനിക്കുന്നു മൂർത്തിയെ ധ്യാനിക്കുമ്പോൾ എന്താണ് മനസ്സിൽ ഏകപ്രത്യം ധ്യാനിക്കുന്നു ശിരസിനെ ധ്യാനിക്കുന്നു കൈകാര്യങ്ങളെ ധ്യാനിക്കുന്നു വർഷസ്ഥലത്തെ ധ്യാനിക്കുന്നു കടിപ്രദേശത്തെ ധ്യാനിക്കുന്നു പാദത്തെ ധ്യാനിക്കുന്നു ഒരേ പ്രത്യമാണോ മനസ്സിന് പക്ഷെ തുല്യ പ്രത്യയങ്ങളാണ് ഏകമായിരിക്കണമെന്നില്ല ഏതുമാകാം പക്ഷെ ഏതുമായിരിക്കണമെന്നല്ലോ പക്ഷെ അവിടെ മറ്റു കാര്യങ്ങൾ പറയാൻ പറ്റും പ്രാപഞ്ചികമായ വിഷയങ്ങളവിടെ കടന്നു വന്നു കഴിഞ്ഞാൽ അതന്ന പ്രത്യങ്ങൾ ഭിന്നപ്രത്യങ്ങളായി തുല്യമല്ലാത്ത പ്രത്യയങ്ങളായി അപ്പൊ അതിനെ ഒഴിവാക്കി തുല്യ പ്രത്യയങ്ങളുടെ സന്തതി അതാണ് ഉപാസന പലരും സംശയം മനസ്സിലായി വേദാന്തം പ്രത്യേകിച്ചും അബ്ദുതും മറ്റും നമ്മൾ കേൾക്കുമ്പോൾ അവിടെ പല വിഷയങ്ങളാണ് വരുന്നത് പല വിഷയങ്ങളെ കുറിച്ച് പറയുന്നു ആത്മാവിനെ കുറിച്ച് പറയുന്നു പരമാത്മാവിനെക്കുറിച്ച് ജീവാത്മാവിനെ കുറിച്ച് ശരീരത്തെക്കുറിച്ച് മനസ്സിനെ കുറിച്ച് പഞ്ചകോശങ്ങളെക്കുറിച്ച് ശരീരത്രയത്തെക്കുറിച്ച് ഇങ്ങനെ നാനാ വിഷയങ്ങൾ വരുന്നു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നമ്മൾ സത്സംഗത്തിലിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അനേക വിഷയങ്ങൾ വരികയാണ് ഈ അനേക വിഷയങ്ങൾ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് മനസ്സിൻ്റെ ഒരു ഉക്ഷേപമാണല്ലോ അപ്പോൾ ഇതിലും നല്ലത് നമ്മൾ ഈ മനസ്സിൻ്റെ ഈ വിക്ഷേപത്തേക്ക് വിട്ടിട്ട് ഒരിടത്തിരുന്നിട്ട് ഒന്ന് മാത്രം ചിന്തിക്കുക ഒന്ന് മാത്രം താന്ത്രികന്മാരാണെങ്കിൽ ഹ്രീം ഹ്രീം ഹ്രീം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒന്നേയുള്ളൂ ഒരൊറ്റ ശബ്ദം ചിലർ ഓം ഓം ഓം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അതാണല്ലോ കുറച്ചുകൂടി ധ്യാനം എന്ന് പറയുന്നത് കാരണം അവിടെ ഒരേ കാര്യം തന്നെ മനസ്സിൽ എന്ന് പറയും അതല്ല ഇവിടെ ധ്യാനം അല്ലെങ്കിൽ ഉപാസന ഒരേ കാര്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ താല്പര്യം എന്താണ് അത് തുല്യമായിരിക്കണം തുല്യമായ പ്രത്യേകങ്ങളായിരിക്കണം വേഗപ്രത്യമായിരിക്കണമെന്നില്ല അങ്ങനെ നിർബന്ധമില്ല ഒരു വിഷയത്തെക്കുറിച്ച് കയറും നാനാഭാവങ്ങളിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ അത് തുല്യപ്രത്യം തന്നെ ആത്യന്തികമായിട്ടിവിടെ ചിന്തയുടെ വിഷയം എന്താണ് ആത്മാവ് അതിനോടനുബന്ധമായ ഏത് വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചാലും അത് ആത്യന്തികമായി ആത്മചിന്തനം തന്നെ എന്തിനു ശരീരത്തെ കുറിച്ച് ചിന്തിച്ചാൽ പോലും അവിടെ ശരീരത്തിന് വരുന്ന ആത്മബുദ്ധി അതെങ്ങനെ വരുന്നു അതിനെങ്ങനെ നിവർത്തിക്കണം ആ തരത്തിൽ ചിന്ത ആത്മീയമായി തന്നെ വരുന്നു അതാണ് ഇവിടെ ഉപാസനം എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ധാരാസാധനം ധരിക്കുന്നത് പോലെ മനസ്സിനെ ഒരു വടി പോലെ പിടിക്കുക നടക്കുന്ന കാര്യമല്ല അത് വേണമെങ്കിൽ പിന്നെ ഉറങ്ങണം ഉറങ്ങിയാൽ ശരിയാണ് മനസ്സവിടെ വടിയായി ഇതങ്ങനെയല്ല ഇത് മനസ്സിനെ ഒരു വടിയാക്കാൻ ശ്രമിക്കണം അവിടെ നിൽക്കത്തില്ല മനസ്സെവിടെ ഓടിക്കൊണ്ടിരിക്കും മനസ്സത്രീ സ്ഥൂലമാണ് കാരണം മനസ്സാണ് ഈ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ മനസ്സാണ് ഈ മനസ്സിനെ കേവലം ഒരു വടിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല എന്നുവെച്ചാൽ മനസ്സിനെ കേവലം ഒരിടത്ത് നിർത്തുക അത് എളുപ്പമുള്ള കാര്യം അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ധ്യാനിക്കാൻ വേണ്ടി പറയുമ്പോൾ പറയുന്നത് തുല്യപ്രത്യങ്ങളിൽ നിർത്തുക സമാനമായ വിചാരത്തിന് ചിന്തയിൽ മനസ്സ് നിൽക്കട്ടെ അപ്പോൾ ഈ ബൃഹത്തായ ഈ ബ്രഹ്മാണ്ടത്തിൽ നിന്നും മനസ്സ് പിന്മാറിയിട്ട് ഒരേ രൂപത്തിൽ മനസ്സിൽ അതാണ് മനസ്സിന്റെ ഏക താനും മനസ്സിന്റെ ഒരേ തരത്തിലുള്ള ആത്യന്തിട്ടവിടെ ഒരു തത്വത്തെ തന്നെ അനുസന്ധാനം ചെയ്യുന്നു മനസ്സിന് നാനാതരത്തിലുള്ള പരിണാമങ്ങളുണ്ടായാലും വിരുദ്ധങ്ങളാകുന്നില്ല വിരുദ്ധപരിണാമങ്ങളെയാണ് മനസ്സിന്റെ വിക്ഷേപം എന്ന് പറയുന്നു നമ്മൾ സസങ്ങൾ ശ്രവിച്ചുകൊണ്ട് തന്നെ തന്നെ നയിക്കുന്നു ആത്മചിന്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ ആയിരിക്കും പെട്ടെന്ന് മനസ്സ് അടുക്കളയിലേക്ക് പോയാൽ അത് വിക്ഷേപമായി പൂർവ ദിവസത്തേക്ക് പോയാൽ വിക്ഷേപമായി ഭാവിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വിക്ഷേപമായി അതുപാസന മറിച്ചത് ഉപാസനയാണ് അതുകൊണ്ട് പറഞ്ഞ് തുല്യപ്രത്യസംഗി സമാനപ്രത്യം ചിലട്ട് പറയും അസങ്കീർണ ചതപ്രതി അത് ശാസ്ത്രോക്ത ആലംബന വിഷയ ശാസ്ത്രോക്തമായ ആലംബന വിഷയങ്ങളിലായിരിക്കണം മനസ്സ് എന്നറിയാം എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു ഇല്ലെങ്കിൽ നാമരൂപങ്ങളിലാണല്ലോ മനസ്സ് നമുക്ക് പറയാം നാമരൂപങ്ങളാണ് വിഷയങ്ങളാണ് വിഷയം എന്നുള്ള നിലയ്ക്ക് അത് ഒരു രൂപത്തിലാണ് വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഉപാസനയാണല്ലോ എന്തുകൊണ്ട് വിഷയങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവിടെ ഒന്നാണ് ഈ പറയുന്നതും ചിന്തിക്കുന്നതുമെല്ലാം ആത്മാവെന്നുള്ള നിലയ്ക്ക് ഒന്നാണെങ്കിൽ ഈ നാമരൂപങ്ങളിലെല്ലാം വിഷയങ്ങളെന്നുള്ള നിലയ്ക്ക് ഒന്നാണ് അപ്പോൾ അതിനെ ധ്യാനിച്ചാൽ മതിയുള്ളൂ അങ്ങനെയുള്ള മോഡേൺ ധ്യാനങ്ങളുമുണ്ട് എന്താണോ കേൾക്കുന്നത് എന്താണോ കാണുന്നത് അതിനെ തന്നെ ധ്യാനിച്ചോളൂ അതാണ് ധ്യാനം എന്ന് പറയുന്നവരുണ്ട് ആധുനിക ഗുരുക്കന്മാർ പറയുന്നത് പോലെ എന്തുകൊണ്ട് ശാസ്ത്രോക്താലംബര വിഷയ നിർദ്ദേശിക്കുന്നുണ്ട് ശാസ്ത്ര നിർദ്ദേശിക്കുന്നുണ്ടാകും എന്താണ് ആധ്യാത്മികമായ വിഷയങ്ങൾ അത് നാമരൂപമായ വിഷയങ്ങളല്ല ശാസ്ത്രം പറയേണ്ട കാര്യമില്ല അത് ജീവൻ അതിനെ ധ്യാനിക്കും അതിന് ശാസ്ത്രം ഉപദേശിക്കേണ്ട കാര്യമില്ല ഗുരുവിന്റെ ആവശ്യമുള്ള ഒന്നുമില്ല അതുകൊണ്ട് അത് ധ്യാനമാകത്തില്ല അത് വിഷയ ചിന്തനമേ ആകത്തുള്ളൂ പക്ഷെ ശാസ്ത്രം ഇവിടെ പ്രത്യേകിച്ച് വേദം നിർദ്ദേശിക്കുന്ന വിഷയത്തിലാകുമ്പോൾ അത് സാധാരണമല്ല അപ്പൊ വേദം ഉദ്ദേശിക്കുന്ന എന്താണ് ഈ ലൗകികമായ പ്രാപഞ്ചികമായ വിഷയത്തിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു ആലംബനത്തിലേക്ക് അവന്റെ മനസ്സിനെ മാറ്റുക നിശ്ചിതമായ ഒരു ആലംബനത്തിലേക്ക് ആ ആലംബനം ആധ്യാത്മികമായിരിക്കണം ഏതെങ്കിലും തരത്തിൽ ഈ ആത്മതത്വവുമായി ബന്ധപ്പെട്ടായിരിക്കും അത് ശാസ്ത്രോക്തമാവും അതിൽ മനസ് അത് ആ വിഷയത്തെ മനസ്സാലംബനമായി കഴിഞ്ഞാലേ അത് ഉപാസനയാകത്തുള്ളൂ പ്രസിദ്ധസ്ഥ ഉപാസന ശബ്ദാർത്ഥവും ലോക ഉപാസന എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം എങ്ങനെ പറയുന്നു ലോകത്തെ തന്നെ പറയുന്നു ഗുരു ഉപാസതയെ ഗുരുവിനെ ഉപാസിക്കുന്നു ശിഷ്യന്മാര് ഗുരുവിനെ ഉപാസിക്കുന്നു ഗുരുവിനെ ചിന്തിക്കുന്നു ഗുരുവിൻ്റെ സേവ ചെയ്യുന്നു അതെല്ലാം ഗുരു ഉപാസനയെ രാജാനം ഉപാസതയെ പ്രജകൾ രാജാവിനെ ഉപാസിക്കുന്നു രാജാവിനനുസരിക്കുന്നു രാജാവിനെ സ്തുതിക്കുന്നു ഇവിടെയൊക്കെ എന്താണ് ഉപാസന എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ അർത്ഥം അറിയാം ഒന്നും മനസ്സിനെ നിർത്തുക എന്നുള്ളതാണ് ഒരു വിഷയത്തിൽ തന്നെ മനസ്സിനെ പക്ഷെ അത് ശാസ്ത്രോക്തമായ രീതിയിലായാൽ അത് ആധ്യാത്മികമായ ഉപാസനയായി അല്ല തന്റെ പ്രകൃതിക്കനുസരിച്ചാണെങ്കിൽ അത് ലൗകികമായ ഉപാസനയാണ് ഇവിടെ ശാസ്ത്രോക്തമായ ഉപാസനയെ കുറിച്ച് പറയുന്നു യോഹി ഗുർവാധീൻ സന്തതം ഉപചരതി ഉപാസയിച്ചത് ആരാണോ ഗുരുവിനെയോ അല്ലെങ്കിൽ രാജാവിനെയൊക്കെ സന്തത നിരന്തരമായി ഉപചരതി ഉപചരിക്കുന്നത് വാക്കുകൊണ്ട് പ്രവൃത്തി അവരെ സംബന്ധിച്ചുള്ള സ്മരണ വാക്ക് പ്രവൃത്തി സർവവും ഇതെല്ലാം കൂടി ചേരുമ്പോൾ എന്ന് പറയുന്നു ഉപാസ് ഉപാസിക്കുന്നു എന്ന് പറയുന്നു സജഫലം ആത്മനോദി ഉപാസനസ്യ എവിടെ ഉപാസനയുണ്ടോ അവിടെ ഫലമുണ്ട് അത് ഗുരുവിനെ ഉപാസിച്ചാലും ശരി രാജാവിനെ ഉപാസിച്ചാലും ശരി വിഷയങ്ങൾ ഉപാസിച്ചാലും ശരി വിഷയങ്ങൾ ഉപാസിച്ചാലോ സുഖദുഃഖഫലങ്ങൾ ഗുരുവിനെ ഉപാസിച്ചാലോ രാജാവിന് ഉപാസിച്ചാലോ ഐശ്വര്യഫലം എവിടെ ഉപാസിച്ചോ സലം ആപ്വനോദി ഉപാസന ഉപാസകൻ ഫലത്തെ പ്രാപിക്കുന്നു എന്നുണ്ട് ഉപാസനയുടെ ഫലത്തെ പ്രാപിക്കുന്നു അതോ അത്രാപിം വേദസന്ധീയത പ്രജാതിർഗാന്തേ പ്രജാതിഫലാന് ആപ്നോദിത്യർത്ഥ അതുപോലെ ഇവിടെയും ഈ വൈദികമായ ഉപാസനയിലും ഏവം വേദ ആരാണോ ഇങ്ങനെ ഉപാസിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിചിത്രമായ ഉപാസ ഇതാരാണോ ചെയ്യുന്നത് പ്രജാതിഫലങ്ങൾ പറയുന്നു സ്വർഗാന്തഹി സ്വർഗം വരെ ആകാം ഉപാസനയുടെ ഫലം ഹിരണ്യഗർഭ ഉപാസനയുടെ ഫലം ഹിരണ്യഗർഭലോകപ്രാപ്തി ജ്യോതിഷോമത്തിന്റെ ഫലം സ്വർഗപ്രാപ്തി ഇങ്ങനെ കർമ്മത്തിന് ഉപാസനകൾക്കുമെല്ലാം ഫലം പറഞ്ഞിരിക്കുന്നു ആ ഫലങ്ങളെ അവൻ പ്രാപിക്കുന്നു അതുകൊണ്ട് ഇവിടെയും പറഞ്ഞു ഫലത്തെക്കുറിച്ച് പറഞ്ഞു എന്താണ് പ്രജയ പശുദ്ധി ബ്രഹ്മവർച്ചസ് അന്നാദ്യേന സുവർഗേന ലോകേന നിരവധി ഫലങ്ങൾ ഉണ്ടാകുന്നു ഉപാസനക്കനുസരിച്ചുള്ള ഫലം ഉണ്ടാകുന്നു ഉപാസനക്ക് ഇന്നലം എന്ന് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ടെങ്കിൽ പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഉണ്ടാകുന്നു അപ്പോൾ ഇവിടെ വരും ഇവിടെ ആത്മവിദ്യയുടെ പ്രകടനമാണ് ഉപാസനയെ കുറിച്ച് പറഞ്ഞു ഇവിടെ പറയുന്നു സ്വർഗം പ്രജ പശു ഇതൊക്കെയാണ് ഫലം ഇവിടെ ഇപ്പോ ഈ ഫലത്തിനുവേണ്ടി എന്തിനുപാസിക്കണം ആത്മവിദ്യ ആഗ്രഹിക്കുന്നവൻ അവിടെ ഭാഷകാരൻ എനിക്ക് പറയും ഇവിടെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇത് ആന്തരികമായ ഉപാസനയാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മവിദ്യ ആഗ്രഹിക്കുന്നവൻ ഇത്തരം ഫലങ്ങളെ ആഗ്രഹിക്കാതെയും അവൻ ഉപാസിക്കാം എന്തുകൊണ്ട് ഉപാസന നിശിതം ഉപാസന കൊണ്ട് മനസ്സ് മൂർച്ചയുള്ളതായിത്തീർക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവന് ആധ്യാത്മികമായ ഫലമുണ്ടാകും പൊതുവായ ഇതാണ് കർമ്മങ്ങൾ ചെയ്യുന്നു അവനാ കർമ്മങ്ങളുടെ ഫലത്തെ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവന് അവൻ്റെ ആത്മശുദ്ധിയാണ് ഫലമെന്ന് പറയുന്നുണ്ട് അത് തന്നെ പറയുന്നു അവന് ഉപാസന ചെയ്യുന്നു അവന് ഫലങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട് ആ ഫലങ്ങളെ ആഗ്രഹിക്കാതെയാണ് അയാൾ ഉപാസന ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഫലം മനസ്സിന്റെ ഏകാഗ്രതയാണ് അപ്പം ഉപാസനകളിലൂടെ മനസ്സിന്റെ ഏകാഗ്രത അവന് ആത്മവിദ്യ ആത്മവിദ്യാപ്രാപ്തിക്ക് സഹായിക്കുന്നു അപ്പൊ ആത്മവിദ്യാപ്രാപ്തിക്ക് പലപ്പോഴും തടസ്സമായി വരുന്നത് ഉപാസന കൊണ്ട് മനസ്സിന് മൂർച്ച കൂട്ടാത്തതാണ് മനസ്സിന് ആ ഏകാഗ്രത അത് ഉപാസനയിലൂടെ ലഭിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ശ്രവണത്തിൽ നിന്ന് തത്വഗ്രഹണം ഉണ്ടാകാത്തത് അതുകൊണ്ട് തത്വഗ്രഹണത്തിനുള്ള മനസ്സിന്റെ ഏകാഗ്രതയ്ക്കും ഉപാസന ആവശ്യമാണെന്ന് ഇനി ഭാഷകാരം പറയും ആ ഉപാസന വൈദികമായ ഉപാസനകൾ സർവ്വസാധാരണമാകാത്തതുകൊണ്ട് കാരണം ഇതിന്റെ നിയമങ്ങളും മറ്റു കാര്യങ്ങളും സർവ്വനുഷ്ഠിക്കാൻ കഴിയാത്തതുകൊണ്ടും സൗകര്യമുണ്ടാകുന്നതുകൊണ്ടാണ് പിന്നീട് പൗരാണികമായ ലൗകികമായ മറ്റുപാസനകൾ ആധ്യാത്മിക ഉപാസനകൾ പിൽക്കാലത്ത് പ്രചരിച്ചത് അഥാഥ സംഹിതായ ഉപനിഷം വ്യാഖ്യാ പഞ്ചസ്വധിഷ അധിോകോതിഷം അധിവിദ്യധ്യാത്മം താമഹസംഹതലക്ഷോകം പൃഥ്വീപൂർവം ദൗരുത്തരൂപം ആകാശ സന്ധി യുസന്ധാനലോക അഥ അധിജ്യോതിഷനിപ്പൂർവത്തരൂപ ആപഹസൈദ്യുതന്ധം ഇധിജ്യോതിഷം അഥ അതിവിദ്യം ആചാര്യ പൂർവ് അന്തേവാസ്യുത്തരൂപം വിദ്യസന്ധി പ്രവചനം സാനം ഇധ അധിപ്രജം മാതാ പൂർവം പത്തരൂപം പ്രസന്ധി പ്രജനനം സന്ധാനം ഇധിപ്രജം അധ അധ്യാത്മം അധരാഹനുപൂർവരാഹനുരുത്തരൂപം വാക്സന്ധി ജിഹ്വാസന്ധാനം ഇധ്യാത്മഹസം ഹാസംഹേദ സന്ധീയത പ്രജയാ പശുഭ കർമ്മവർച്ചസന അന്നദ്ധ്യന സുർഗേണ